പറയുക ആകാശഭൂമികളിലുള്ളതെല്ലാം ആരുടേതാണ് പറയുക അള്ളാഹു സുബ് ഹാനഹു അറ്റായാവിന്റേതാണ് അവൻ തന്നെത്താൻ കാരുണ്യം നിശ്ചയിച്ചിരിക്കുന്നു യാതൊരു സംശയവുമില്ലാത്ത പുനരുത്ഥാന അവൻ നിങ്ങളെ തീർച്ചയായും ഒരുമിച്ചുകൂട്ടും തങ്ങളെത്തന്നെ നഷ്ടപ്പെടുത്തിയവർ അതിനാൽ അവർ വിശ്വസിക്കുന്നില്ല